whales relствен, surally sl Purdings, s discretion തസ്മ സഹോ യഥാർഗ്യമീച്ച ഹ ഉദയതീ വൈ തത്സവം പരേ ദേ മനസിഷ പുരുഷോ ശൃണോതി നശ്യത്തിന രസയത്തെ സോപ്പിതി എന്താണ് പറയുന്നു ഉദാഹരണമാണ് സൂര്യന്റെ അസ്തമന സൂര്യനിൽ ആ പ്രകാശരശ്മികളെല്ലാം അത് തന്നിലേക്ക് അന്തർഭോപ്പിക്കുന്നു അതുപോലെ ജാഗ്രത്തിൽ രാവിലെ പ്രഭാതത്തിൽ അത് വീണ്ടും അതിൽ നിന്ന് തന്നെ ആ രശ്മികളെയെല്ലാം പുറപ്പെടുവിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും സുഹൃത്തിയിലേക്ക് പോകുമ്പോൾ എല്ലാ വിജ്ഞാനങ്ങളെയും തന്നിലേക്ക് ഏകീഭവിപ്പിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് എന്നെ എല്ലാത്തിനെയും പുറത്തെടുക്കുന്നു അവിടെ തേജോ മണ്ഡലം ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദിത്യൻ്റെ സംഭവിക്കുന്നു പറഞ്ഞു ഇവിടെ സാറിന് പറയുന്നത് ത്മാവിൽ നിന്ന് പ്രകടമാകുന്നു ആത്മാവിൽക്കുന്നു പക്ഷെ ആത്മാവിന്റെ സ്ഥിതി എന്താണ് അത് നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ നിന്നങ്ങനെ പ്രകടമാകും അവിടെ നിന്ന് പ്രകടമാകുന്നതിന് എന്താ ഉപാധികളുള്ളത് അത് അദ്വൈമാണ് രണ്ടാമതൊന്നും അവിടെയില്ല ഏകമാണ് അവിടെ നിന്നിങ്ങനെ പ്രകടമാകും അതുകൊണ്ടിവിടെ പറഞ്ഞു തർവം പരേ ദേവേ മനസി ആ പരദേവനാരൻ കൂടെ മനസ്സാണ് അല്ല മനസ്സിൽ ഏകീഭവിക്കുന്നു മനസ്സിൽ നിന്ന് പ്രകടമാകുന്നു എന്നിവിടെ വിശേഷിച്ച് ബാധി അതുകൊണ്ട് തേനത്തർഹീഷ പുരുഷോ അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവിടെ സുഴ്ത്തിയില പറയുന്നു ജഗ്രഹതി ഇതെല്ലാം സുഴ്സിയെ കുറിച്ച് പറയും പറ്റും സ്വപ്നത്തെ കുറിച്ച് അത് പറയാൻ പറ്റില്ല എന്നുണ്ട് ഇവിടെ ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിച്ച് അല്ലെങ്കിലും അവിടെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മണക്കുന്നുണ്ട് രുചിക്കുന്നുണ്ട് അവിടെ വേറെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടേക്ക് വേണ്ട കർണങ്ങളെല്ലാം ആശ്രയിച്ച് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സ്വപ്തി എന്താണ് സുഷൃത്തി എന്ന് വിശദീകരിക്കുക എവിടെയാണോ ഇത്തരം വ്യാപാരങ്ങളൊന്നും നടക്കാത്തത് സുഷൃപ്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരാള് ഭാവനയില് കണ്ടു പറയുന്ന ഒന്നുമല്ല സുഷൃത്തി എന്ന് പറയുന്നത് തൻ്റെ തന്നെ അനുഭവമാണ് പക്ഷെ തന്റെ തന്നെ അനുഭവമാണ് സുഷൃത്തിയെങ്കിലും മറ്റനുഭവങ്ങളെ ഏത് അനുഭവമായാലും അനുഭവിക്കുന്നു എന്നു പറയുമ്പോൾ അനുഭവിക്കുന്ന ആ അവസരത്തിൽ അവിടെ വ്യക്തമായ അനുഭവം എന്ന് പറയുന്നത് തന്നെ ബോധമാണ് അനുഭവത്തെക്കുറിച്ച് ബോധമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഏത് അനുഭവമായാലും ശരി അവിടെ വിഷയവിഷയീഭാവം ഉണ്ടായിരിക്കും ജാഗ്രതത്തിൽ ഞാനിവിടെ ഇരുന്ന പുസ്തകത്തൊക്കെയാണ് ഞാൻ പറയുന്നു ഈ അനുഭവത്തെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അനുഭവം എന്റെ അനുഭവത്തിന്റെ വിഷയം എന്നു രണ്ടു വസ്തുക്കൾ ഇവിടെയുണ്ട് അതുകൊണ്ട് ഞാൻ പറയും ആ എനിക്ക് അനുഭവത്തെക്കുറിച്ച് അനുഭവം ഈ അനുഭവത്തെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ച് എല്ലാവരും തർക്കികന്മാര് മീമാംസകന്മാര് എല്ലാവരും വളരെ ഗഹനമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ചെല്ലുറിയത് എന്താണ് ഇത് അനുഭവ സായമാണ് അനുഭവ സഹായം ഞാനും മറ്റു പല പേരുകളും പറയും മീമാംസകരും മറ്റും വേറെ രീതിയിലാ പറയും അനുഭവമുണ്ട് എന്ന് തർപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും പക്ഷെ അതിന്റെ അടിസ്ഥാനം ഇതാണ് കൂടുതലും അതിന്റെ ശാസ്ത്രീയ ചർച്ചകളിലൊന്നും പോകാതെ മനസ്സിലാക്കിയാൽ എല്ലാ അനുഭവങ്ങളിലും വിഷയവിഷയീ ഭാവമുണ്ട് ആ വിഷയവിഷയീഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇതൊരനുഭവമാണെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ആ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും പക്ഷെ സുഷുത്തിൽ എന്താണ് സുഷൃത്വം നമ്മൾ അനുഭവിച്ചതാണെന്ന് പറയുന്നു സുഷൃത്വം ഞാൻ അനുഭവിച്ചതാണ് കാരണം സുഷൃതിയിൽ നിന്നാണ് ഈ ജാഗ്രത വന്നത് പക്ഷെ സുഷിത്യെ സംബന്ധിച്ച് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള വർത്തമാന വ്യപദേശം എന്ന് പറയും അങ്ങനെ പറയാൻ പറ്റില്ല അതൊരിക്കലും പറയാൻ പറ്റുന്നില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ എന്നാൽ അത് അനുഭവമാണ് താനും അപ്പം അവിടെ എന്താ സംഭവിച്ചത് വിഷയവിഷയിഭാവമില്ല സുശുദ്ധി അനുഭവിക്കുന്നവൻ ആയ ഞാൻ എന്റെ അനുഭവത്തിന്റെ വിഷയമായി ഇന്നത് അങ്ങനെ വിഷയവിഷയിഭാവം വിഷയവിഷയിഭാവം വരണമെങ്കിൽ എന്ത് വേണം അഹംബുദ്ധിയും വരണം ഇതം ബുദ്ധിയും വരണം എന്നാലേ വിഷയവിഷ് വിഷയിഭാവം വരത്തുള്ളു അഹം ഇവിടെ വിഷയി ഇതം പുസ്തകം വിഷയം ഇപ്പൊ ജാഗ്രതത്തിൽ എന്ത് വരുന്നു വിഷയവിഷയിഭാവം വരുന്നു സ്വപ്നത്തിൽ ഇതുപോലെ അതിനി വരുന്ന ഭാഗത്ത് പറയും ഇവിടെ സ്പഷ്ടമായിട്ട് ബാഹ്യമായി ഇതം നില്ക്കുന്നു ഇത് മേസയാണ് ഇത് പുസ്തകമാണ് സ്വപ്നത്തിലാണെങ്കിൽ മനസ്സ് തന്നെ സ്വയം ഇതായിട്ട് മാറുന്നു ഇവിടെ മനസ്സല്ല മനസ്സുകൂടെ എന്ത് ചെയ്യുന്നു ഇതിനറിയുന്നു ആ അതിൻ്റെ തത്വത്തിൽ ഇതെല്ലാം ഒന്നായിരിക്കും പക്ഷെ അനുഭവത്തിൽ അങ്ങനെയല്ല ഇതിനറിയുന്നത് മനസ്സ് അറിയുന്ന ഇത് വേറെ വസ്തു ഇത് മേസയാണല്ലെങ്കിൽ പുസ്തകമാണ് സ്വപ്നത്തിൽ അങ്ങനെയല്ല മനസ്സ് തന്നെ അറിയുന്ന വസ്തുവായും മാറി അവിടെ സിംഹവ്യാഘ്രങ്ങളായി എല്ലാം പരിണമിച്ചത് മനസ്സ് സുഷൃപ്തിയെ നമ്മൾ പറയാം നമുക്ക് നിഷേധിക്കാമായി അതനുഭവമാണ് പക്ഷേ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഞാനെന്താ സുഷുപ്തിയെ അനുഭവിക്കുന്നു ഞാനെന്താ സുഷുപ്തനായിരിക്കുന്നു ഇതവിടെ പറയാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അഹം ഇതം എന്ന് പറയുന്ന രണ്ട് ഭാവങ്ങളും അവിടെയില്ല പിന്നെന്താ ഉള്ളത് അഹവും ഇതുമില്ലെങ്കിൽ കാരണം ബോധം അല്ലെങ്കിൽ അറിവിനെ നമ്മൾ പരിചയപ്പെടുന്ന ഈ രണ്ട് ഉപാധികളിലൂടെയാണ് അഹം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതം അഹം ഞാനെന്നറിയാം അല്ലെങ്കിൽ ഇതെന്നറിയും ഞാനെന്നറിയുമ്പോൾ തന്നെ അറിയും ഇതെന്നറിയുമ്പോൾ താനൊഴികെയുള്ള സർവത്തിനെ അറിയും അപ്പം അങ്ങനെ അഹം ഇതം എന്നുള്ള വിഷയവിഷയിഭാവം സുഷുത്തിയിലില്ല എന്നാൽ അത് അനുഭവമാണെന്നും പറയുന്നു സുഴ്ത്തി അനുഭവം എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ അത് ഞാൻ സുഴ്ത്തി അനുഭവിക്കുന്നു എന്ന് പറയാനും കഴിയില്ല അപ്പം അതിന് പ്രധാനമായ കാരണമൊന്ന് എവിടെയാണോ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് അവിടെ വിഷയവിഷയഭാവമാണ് ആ സമയത്ത് അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അത് ജാഗ്രതായാലും ശരി സ്വപ്നമായാലും ശരി ഇനി ഒരാൾ പറയുകയാണ് ജാഗ്രത സ്വപ്നമല്ല ഞാൻ സമാധിയിൽ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെയും അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന ഒന്നാണ് സമാധിയെങ്കിൽ അവിടെയുണ്ടെങ്കിൽ വിഷയവിഷയഭാവം അങ്ങനെ അനുഭവിക്കാൻ കഴിയാത്തതെങ്കിൽ അത് സുഷുപ്തിയായിപ്പോ വിഷയവിഷയിഭാവം ഇല്ലെങ്കിലും സുഷുപ്തി എന്തുകൊണ്ട് പറയുന്നു അനുഭവം അതാണ് ഭാഷ്യകാരൻ പറയുന്നത് ഇവിടെയും പ്രധാനത്തിലും സാന്തൂഹ്യത്തിലും എല്ലാം പറയുന്ന എന്താണ് അവിടെ സുഷു ബോധത്തിന് അല്ലെങ്കിൽ അറിവിന് വിഷയവിഷയഭാവം ഇല്ലെങ്കിലും അറിവ് ഏകമാണ് കേവലമാണ് അദ്വയമാണ് ഭാഷകാരൻ പറഞ്ഞു ദ്വിതീയസ്യ അഭാവ അവിടെ രണ്ടാമതൊന്നുമില്ല അത് കേവലമായ അറിവാണ് കേവലമായ അറിവായത് കൊണ്ടാണ് നമുക്കതിനെ അതാ ഞാൻ സുതൃപ്തി അനുഭവിക്കുന്നു എന്ന് അനുഭവിക്കാൻ കഴിയാത്ത അത് എന്റെ സ്വരൂപം അതിന്റെ സ്വഭാവം അറിവായതുകൊണ്ടാണ് നമുക്ക് ഉണർന്നതിന് ശേഷം നിഷേധിക്കാൻ കഴിയാത്ത എങ്ങനെ ഞാൻ അനുഭവിച്ചില്ല എന്ന് പറയാൻ കഴിയാത്ത സ്വയം അറിവാണ് അറിവിനെ നിഷേധിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് നിഷേധിക്കുന്ന നിഷേധിക്കേണ്ടത് അറിവാണ് നിഷേധിക്കേണ്ടതായ അറിവ് തന്നെ അവിടെ നിൽക്കുന്നത് അപ്പം അറിവ് സ്വയം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതെങ്ങനെ സ്വയം ജ്യോതിസായി സ്വപ്രകാശമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല എന്ന് നിഷേധിക്കാൻ പറ്റും അത് ആ അനുഭവത്തെ സുഷിത്വം നിഷേധിക്കണമെങ്കിൽ എങ്ങനെ നിഷേധിക്കും എനിക്ക് പറയേണ്ടി വരും ഞാൻ സുഷുപ്തനായിരുന്നില്ല ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയേണ്ടി വരും പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ കേവലമായ അറിവായും ഞാൻ സ്ഥിതി ചെയ്തിരുന്നു ഇത്രയുള്ളു അത് വിഷയവിഷയി ഭാവത്തിൽ നിന്നില്ല അതിനെ തന്നെ നമ്മൾ സാങ്കേതിക ഭാഷയിൽ പറയും എന്താണ് അവിടെ അറിവുണ്ടായിരുന്നു പക്ഷെ അധ്യാസം ഉണ്ടായിരുന്നില്ല കേവലമായ അറിവ് ഏകമായി അദ്വീയമായി നിലനിന്നു എന്നുള്ള അധ്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സുഷു അതാണ് സുഷൃത്തിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് പല അബദ്ധ ധാരണകളും നമ്മളുണ്ടാക്കും അപ്പം അവിടെ ആ വിഷയി വിഷയവിഷയീഭാവം ഇല്ല എന്നും നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എവിടെയൊക്കെയാണോ വിഷയ വിഷയിഭാവങ്ങളുള്ളത് എവിടെ കാണുമ്പോൾ കേൾക്കുമ്പോൾ മുണക്കുമ്പോൾ രുചിക്കുമ്പോൾ സർവ്വത്ര ഈ ജാഗ്രതും സ്വഫലത്തിനും വിഷയവിഷയീഭാവം അതിനാണ് ഓരോന്നിനും ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ്ഹേഷപുരുഷ ന ശൃണോതി അവിടെ സുഹൃത്തിൽ ന കാണുന്നില്ല ന മണക്കുന്നില്ല ന രസ ില്ല നസ്പൃശ്യത് ന അഭിവാദത ആദത്ത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവൃത്തി കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ആനന്ദേത് അവിടെ നമ്മൾ ഭാവിനെ കാണുന്നത് പോലെയുള്ള ആനന്ദവും ഇല്ല ആനന്ദം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും അല്ലാതെ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റില്ല ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ അവിടെ എന്തു പറഞ്ഞാൽ വിഷയവിഷയി ഭാവം പറഞ്ഞാൽ ഞാൻ ഞാൻ ഇത്ര വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു അതാണ് സുഹൃത്തിയെ കുറിച്ച് പറയുന്ന ഭൂമാണ് അത് ആനന്ദത്തിന്റെ ചരമമായ സീമയാണ് അവിടെ പിന്നെ അനുഭവിക്കാൻ പറ്റത്തില്ല അവിടെ അറിവും ആനന്ദവും രണ്ടായല്ല ആനന്ദത്തെ അനുഭവിക്കുന്ന ഒരറിവ് അറിവിന് വിഷയമായ ഒരു ആനന്ദം അങ്ങനെ ഒരു പിരിവില്ല എന്തുകൊണ്ട് അവിടെ അറിവും ആനന്ദവും ഏകീഭവിച്ചിരിക്കുന്നു ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞത് എന്താണ് നിരായാസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത് ചർച്ച ചെയ്യും നിരായാസലക്ഷണം പ്രസന്നം അനാബാധം അതിന്റെ അഭാവം സംഭവിക്കുന്നില്ല ബാധ സംഭവിക്കുന്നില്ല ബാധ എന്ന് പറയുന്ന ശബ്ദം രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും ചിലടത്ത് അഭാവം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അത് ബാധിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ചിലയിടത്ത് ഉപയോഗിക്കും അദ്വൈതത്തിൽ മുഖ്യമായിട്ടും ബാധ എന്ന് പറഞ്ഞാൽ അത് അസത്യം ഒന്ന് ബോധിക്കുക ഇത് രണ്ടർത്ഥമായാലും ശരി അവിടെ സംഭവിക്കുന്നില്ല ഉണർന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല അത് നമുക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ അത് എന്താണ് നിരായാസലക്ഷണത്തിലുള്ള ആയാസങ്ങളെല്ലാം ഒഴിഞ്ഞ് ജാഗ്രസ്വപ്നങ്ങളാകുന്ന ആയാസങ്ങളെല്ലാം ഒഴിഞ്ഞ് നിൽക്കുന്ന കേവലമായ അറിവാകുന്ന കേവലമായ സത്യമായിരിക്കുന്ന കേവലമായ ആനന്ദമായിരിക്കുന്ന സ്ഥിതിയാണ് അവിടെയാണ് സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതിനെ നമുക്ക് പിരിക്കാൻ കഴിയാത്ത കാരണം അറിവ് സുഷുപ്തിയെ ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാൻ വയ്യല്ലോ അപ്പോൾ അവിടെ അറിവുണ്ടായിരുന്നു പിന്നെ സുഷൃപ്തിയിൽ ആരുണ്ടായിരുന്നു ഞാൻ ആരുടെ സുഷിതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്റെ സുഷൃപ്തിയെക്കുറിച്ച് എന്ന് വെച്ചാൽ എന്റെ സത്തയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണോ ഈ ജാഗ്രത്തിൽ എനിക്ക് എന്റെ സത്തയെ നിഷേധിക്കാൻ കഴിയാത്തത് ഇവിടെ എനിക്കില്ലെന്ന് പറയാൻ കഴിയും ഇങ്ങനെയാണ് സ്വപ്നത്തിൽ അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല എന്റെ സത്തയെ നിഷേധിക്കാൻ കഴിയാത്തത് അതുപോലെ സുഹൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എനിക്ക് എന്റെ സത്തയെ നിഷേധിക്കാൻ വയ്യ അപ്പവിടെ ഞാൻ ഏതൊരു എന്തുകൊണ്ട് നിഷേധിക്കാൻ കഴിയുന്നില്ല അവിടെ മുമ്പ് അറിവിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് കേവല സത്താരൂപത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്തു ഈ ഇവിടെ ഈ സത്ത വിഷയവിഷയഭാവത്തിൽ നിൽക്കുകയാണ് എങ്ങനെയാ ഞാൻ അഹമസ്മി എന്റെ സത്ത പിന്നെ ഓരോ വിഷയങ്ങളിലും ഇതമസ്തി ഓരോന്നിലും ഉണ്ടാ സത്ത ഇവിടെ സത്ത വിഷയവിഷയ വിഭാവത്തി അവിടെ അത് പറ്റുന്നില്ല അവിടെ സത്ത എങ്ങനെയായിരിക്കുന്നു കേവലമായ അറിവായി അതുകൊണ്ട് എന്റെ സത്തവിടെ നിരാകരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്താണോ അവിടെ അറിവായി സ്ഥിതി ചെയ്തത് അത് തന്നെയാണ് അവിടെ സത്തയായി സ്ഥിതി അതിനെന്താണ് നിരായാസലക്ഷണമായ ആനന്ദവുമാണ് അതുതന്നെയാണ് വീണ്ടും ഈ ആയാസങ്ങളിലെല്ലാം ഇരിക്കുമ്പോഴും വീണ്ടും സഹജമായി പല പ്രേരണ ഒന്നും കൂടാതെ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേർന്നു എന്ന് ഈ മനസ്സും അടുത്തു പറയും പ്രാണന്മാരും എല്ലാം ആഗ്രഹിക്കും എന്തുകൊണ്ടത് കേവലമായ ആനന്ദമാണ് ഈ സുഷുദ്ധിയെ കുറിച്ച് തന്നെ എന്താണ് അത് നിദ്ര എന്ന് പറയുന്നത് അത് മോഹമാണ് അത് ആലസ്യമാണ് മന്ദതയാണെന്നൊക്കെ നമ്മൾ പറയും ആ പറയുന്നതൊക്കെ ശരിയാ ഇവിടെ പറയുന്നത് ശരിയാ അത് ആനന്ദമാണ് സത്താണ് ചിത്താണ് ആനന്ദമാണ് എന്ന് പറയും അങ്ങനെ രണ്ടു ശരിയാകും സുഷുതിയെ ഈ ശരീരത്തിന്റെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാ ഒരു ഭാവമായി നമ്മൾ കാണുകയാണെങ്കിൽ അവിടെയൊക്കെ സംഭവിക്കുന്ന ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നുണ്ടല്ലോ ഇതെല്ലാം അങ്ങോട്ടും ലയിക്കുന്നു അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പ്രവർത്തിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് ആലസ്യമാണ് മന്ദതയാണ് എന്ന് പറഞ്ഞാൽ ശരീര ദൃഷ്ടിയിൽ മനസ്സിന്റെ ദൃഷ്ടിയിൽ ഇന്ദ്രിയങ്ങളുടെ ദൃഷ്ടിയിൽ അത് തമസാണ് ആലസ്യമാണ് മന്ദതയാണ് അതുകൊണ്ടാണ് ചിലടത്ത് അങ്ങനെ പറയുന്നത് പക്ഷെ ആത്മദൃഷ്ടിയിൽ സ്വരൂപദൃഷ്ടിയിലെന്താണ് അത് സച്ചിദാനന്ദമാണ് അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു അത് ആലസ്യമാണ് മന്ദതയാണെന്ന് ഇവിടെ പറയുന്നു അത് ആത്മാവാണെന്ന് ഇതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ലേ വിരുദ്ധമല്ല അദ്വൈതത്തിൽ നൂറുകണക്കിന് പ്രക്രിയകളുണ്ട് ഒന്നും മറ്റൊന്നിനും വിരുദ്ധമല്ല ഓരോ സ്ഥാനത്തിന് ഓരോ അധികാരിക്ക് ഓരോ അവസ്ഥക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന അപ്പൊ ശരീര ദൃഷ്ടിയെ അവലംബിച്ചുകൊണ്ടാണ് ഒരാളീ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പറയും ശരിയാണ് വളരെ ഊർജ ക്ഷമമായിരുന്ന വളരെ പ്രവർത്തന ഉത്സുകമായിരുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം തളർന്നു കിടക്കുന്നു അത് ആലസ്യമല്ലേ തമസല്ലേ മന്ദതയല്ലേ ഇവിടെ അത് സമ്മതിക്കുന്നുണ്ട് അവന് പറയുന്ന എന്താണ് എന്നാ ശ്രുണോതി എന്നാ പശ്യതി എന്നാ ജിഹ്രതി എന്നാ രസ്യത ഒന്നും സംഭവിക്കാതിരുന്ന പറയില്ല അവൻ പോത്ത് പോലെ കടന്നുറങ്ങുകയാണ് എന്നുവെച്ചാൽ ആലസ്യനായിരിക്കുന്നു അതിനെന്താ തെറ്റങ്ങനെ പറയുന്നില്ല മനസ്സിലാക്കണം അത് ശരീര ദൃഷ്ടിയിലാണ് ഉറങ്ങുന്നവനെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ എന്താ നമ്മൾ കാണുന്നത് ഉറങ്ങുന്നവനെ അല്ല ആ ഉറങ്ങുന്നവന്റെ ശരീരത്തെ അത്രേ കാണാൻ പറ്റും കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ അവന്റെ പ്രാണന്മാരെ കാണാം പ്രാണന്റെ സ്പന്ദനം അതിനപ്പുറം ഒന്നും കാണാൻ കഴിയത്തില്ല അവിടെ എന്താ കാണുന്നത് ശരീരത്തെ മറിച്ച് ഇവിടെ അതല്ല പറയുന്നു ആ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു ശരീരത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിൽ ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് താൻ സ്വയം ഉറങ്ങാറുണ്ട് അന്യൻ ഉറങ്ങുന്നു കാണാറുമുണ്ട് ഒരു വ്യത്യാസമാണ് അന്യന്റെ ഉറക്കത്തെ അറിയുന്നതിന് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല കണ്ണു തുറന്ന് നോക്കിയാൽ മതി ഇതാകുന്നു ഉറങ്ങുന്നു തന്റെ ഉറക്കത്തെ അറിയുന്നതിന് ശ്രുതി വേണം ഉപനിഷത്ത് എന്നാൽ എന്താണ് തന്റെ ഉറക്കം എന്നുള്ള മനസ്സിലാവും ഗുരു ഉപദേശം വേണം അതിനാൽ കൂടെ ഉപനിഷത്തിൽ പല ഭാഗത്തും എല്ലായിടത്തും അല്ല ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ സുശുദ്ധിയൊരു പ്രധാന ദൃഷ്ടാന്തമായിട്ടെടുത്ത് കാണിക്കുന്നു ആ സ്വരൂപം തന്നെയാണ് എന്നാലും അത് ചർച്ചയ്ക്ക് വേണ്ടി അതിനൊരു ദൃഷ്ടാന്തമാക്കുന്നത് ഇതാണ് അവിടെയാണ് കേവലമായ സ്വരൂപം അദ്വൈത കേവലത എല്ലാം മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നു പക്ഷെ നമ്മളിങ്ങനെ പൊതുവെ വേദാന്തം പറഞ്ഞും കേട്ടതൊക്കെ ശീലിച്ചു പോയത് ശ്രുതി എന്ന് പറയുന്നത് ഒരു തമസ്സുകൂടുന്നതാണ് അനുസൃതയാണതുകൊണ്ട് അതൊക്കെ ശരി തന്നെയാണ് പ്രവർത്തിക്കേണ്ട ഒരുവൻ പ്രവർത്തിക്കാത്ത സമയത്ത് കിടന്നുറങ്ങിയാൽ അതൊക്കെ തമസും അലസതി ഒക്കെ തന്നെയാണ് അതാണ് നമ്മൾ ചീലിച്ചു വന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ അതല്ല സ്വരൂപദൃഷ്ടി അതാണ് ആത്മദൃഷ്ടിയെ ആസ്പദമാക്കിയിട്ടുള്ള ചിന്തയാണ് ഇവിടെ പറയുന്നു എന്താണ് സ്വപിതി എന്ന് പറയുന്നു ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുന്നു ആ സ്ഥിതിയാണ് സ്വഭിതി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തുറകത്ത് പറഞ്ഞത് എവിടെയാണോ ഈ വിഷയവിഷയഭാവം ഇല്ലാതെ അറിവ് കേവലമായി സത്തയായി ആനന്ദസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നത് അതാണ് സുഷുതി യസ്മാത് സ്വപ്നകാലേ ഇവിടെ സ്വപ്നം എന്ന് പറഞ്ഞത് വ്യാഖ്യാതാക്കൾക്കെല്ലാം ഭ്രമം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വപ്നം എന്ന് സാധാരണ പറയുന്ന അർത്ഥത്തിലാണ് സ്വപ്നമല്ല കാരണം വേണ്ടി പറയുന്നുണ്ട് സ്വപുതി ഇത്യാകക്ഷത സ്വപ്നം എന്ന് പറയുന്നത് സുഷുപ്തി എന്നുള്ള അർത്ഥത്തിൽ ശ്രുതിയിലും ഭാഷയകാരനും പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട് വലിയ വ്യത്യാസം കല്പിക്കാറുണ്ട് സുഷുപ്തിയെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ സുഷുക്തി എന്ന് അർത്ഥം എടുക്കണം എന്നാ രണ്ടും തമ്മിൽ ധാതു തന്നെ സ്വപ്നം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സ്വപ്നത്തിൽ ശബ്ദാദ്യ ഉപലബ്ധിക മനസീകീഭൂതാണ് കർണ്ണം വ്യാപാര ഏതൊരു കാലത്തിലാണോ ആ കാലത്തിലെന്ന് പറയുന്നു എന്നിട്ടവിടെ പറയുന്നെന്താണ് യസ്മിൻ തസ്മിൻ യസ്മിൻ എന്നുകൊണ്ട് ഏതിനെയാണോ പറയുന്ന കാലത്തിനാണ് തസ്മിൻ കൊണ്ട് പറയുന്നത് വീണ്ടും പറയുന്നെന്താണ് തസ്മിൻ സ്വാഭകകാല ആ കാലത്തിൽ ആ കാലം എന്താണെന്നൂടെ പറയുന്നത് സ്വാഭകാലം എന്നിട്ട് സ്വപ്നമല്ല സുഷപ്തി അപ്പൊ സ്വപ്നം പറഞ്ഞതാണ് സുഷക്തി ശബ്ദം മാറിയത് അശ്രദ്ധ ഉണ്ട് വലിയ പണ്ഡിതന്മാർക്കും ഒക്കെ അബദ്ധം പറ്റും ശ്രദ്ധ ഒന്ന് വ്യതിചലിച്ച് കഴിഞ്ഞാൽ മതി ആശന അക്ഷരം ഒന്ന് പിഴച്ചാ ശിഷ്യന്മാർക്ക് എത്ര പിഴക്കും എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പിഴവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് വലിയ പണ്ഡിതന്മാർക്കൂടി സ്വപ്നം എന്ന് വെച്ചാൽ സുഹൃത്തി എന്നുള്ള അർത്ഥം ധരിക്കാതെ പക്ഷെ ആ ബാക്യത്തിലെ പരസ്പര ബന്ധത്തെയും ഇവിടെ പറയുന്ന സ്വപിതി ത്യാജക്ഷനെ എന്നുള്ള സുഷ്ടെ കുറിച്ച് പറയുന്നു എന്നുള്ളതും ശ്രദ്ധിച്ചാൽ അത് വരുത്തിട്ടു അല്ല ഇത് ഞാനങ്ങനെ പറയുന്ന കാരണം പലരും ഇതൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നവരുണ്ട് അത് ഭാഷയിലൊക്കെ നല്ല ജ്ഞാനമുള്ളൊരു ൊക്കെ പലതവണ ഇതിനെക്കുറിച്ചൊക്കെ വിചാരം ചെയ്തവരുമുണ്ട് അവർ ഈ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് അതെന്താ അങ്ങനെ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കന്മാർ നമ്മളെന്താ മാറ്റി പറഞ്ഞത് മാറ്റിപ്പറഞ്ഞാൽ പിന്നെ അതിനെ സമർത്ഥിക്കാൻ വേണ്ടി വേറെ പിന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും ആകെ കാട് കയറിപ്പോ വ്യാഖ്യാനം അതിവ്യാഖ്യാനം വരും പക്ഷെ അതിൻ്റെ നേരെ ആ അർത്ഥത്തെടുത്തുകഴിഞ്ഞാൽ കുഴപ്പമില്ല എസ്മാസ് സ്വാപകാലേ സ്വപ്നകാലഞ്ഞിട്ട് അസുഖം പറയുന്നു തസ്മിൻ സ്വോപകാലേ ഏതൊരു സ്വപ്നകാലത്തിലാണോ ആ സ്വോപകാലത്തിൽ എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് ആ സഷക്തിയിൽ കാരണം അവിടെ മാത്രമേ എന്തുള്ളൂ യേശൈവദത്താ ദൃഷ്ടപുരുഷന് നശി നോതി കേൾക്കാതിരിക്കുന്നത് സ്വപ്നത്തിൽ അങ്ങനെയാണോ അല്ലല്ലോ ഞാൻ പറയുന്നു യസ്മാ സ്വപ്നകാലേ <śeries> eyes, ി ശബ്ദാധിപ്ലീകരണി ശ്രോത്രാദികൾ ശബ്ദാധിപലീകരണങ്ങൾ മനസ്സ് ഏകീഭൂതാനി ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു വ്യത്യാസമല്ല മുമ്പ് ചർച്ച ചെയ്ത് തന്നെയാണ് എന്നാലും ഇവിടെ മനസ്സിനൊരു പ്രാധാന്യം കുറിച്ചു മനസ്സിൽ ഏകീഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാവും മനസ്സെന്ന് പറഞ്ഞാൽ മനസ് കേവലമായ മനസ്സ് അങ്ങനെ ഒന്നുമില്ല കേവലമായ മനസ്സ് കേവലമായ ബുദ്ധി നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ ചർച്ചയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനൊരു സാധനമേ ഇല്ല മനസ്സെന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും അത് ചൈതന്യവത്തായിരിക്കും അപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ ധരിച്ചുകൊണ്ട് എന്താണത് ചൈതന്യവത്തായിരിക്കുന്ന മനസ്സ് അവിടെ പ്രാധാന്യതിനാണ് ചൈതന്യത്തിനാണ് നല്ല ജഡാംശത്തിനല്ല പ്രാധാന്യം ചൈതന്യാംശത്തിനാണ് അപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ അവിടെ ചൈതന്യത്തിൽ തന്നെയാണ് ലയിക്കുന്നത് എന്നാ പിന്നെ നേരിട്ട് ചൈതന്യം എന്ന് പറഞ്ഞപ്പോലെ മനസ്സി ഏകീഭൂതാനി എന്ന് പറയുന്നു ശ്രോത്രാദി എല്ലാ കർണങ്ങളും മനസ്സിൽ ഏകീഭൂച്ചിരിക്കും അവിടെ പറഞ്ഞു മനസ്സെന്ന് പറഞ്ഞാലും അവിടെ പ്രാധാന്യം ചൈതന്യത്തിലാണ് ചൈതന്യത്തിൽ ഏകീഭവിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരേ പിന്നെ ഇതിന് മനസ്സ് പറയണം അത് പറയാൻ കഴിയില്ല ചൈതന്യത്തിൽ ഏകീഭവിച്ചു എന്തുകൊണ്ട് മുമ്പ് ഞാൻ അതിന് കാരണം പറഞ്ഞു എന്താ കാരണം അതിനിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് അതിലൊന്നിനെ ഏകീഭവിക്കാനോ അവിടെ ഒന്നും ഇങ്ങോട്ട് വരാനോ പോകാനോ ഒന്നും കഴിയത്തില്ല അപ്പൊ അതിന് ഉപാധി വേണം സ്വാഭാവികമായാലേ അത് സാധ്യമാകും അപ്പ ആ ഉപാധിയെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സെന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചത് മനസ്സെന്നോ അന്ധകരണമെന്നോ മറ്റു പല ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട് ജീവനെന്നോ എല്ലാം ജീവനല്ലേ ഏകീഭവിച്ചിരിക്കുന്നു പറയുന്നുണ്ട് ദോഷമല്ല കാരണം സുഷിത്യെക്കുറിച്ചാണ് പറയുന്നത് സ്വന്തം സുഷിതിയെക്കുറിച്ചും അന്യന്റെ സുഷൃത്തയെക്കുറിച്ചും നേരത്തെ പറഞ്ഞു രണ്ടിനെയും കാണണം സ്വന്തം സുഷൃപ്തി കാണുന്നത് പോലെ അന്യന്റെ കാണുന്നു സ്വന്തം സുഷൃതിയുടെ രഹസ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിന് കേവലം ആത്മനിഷ്ഠമായ സ്വരൂപനിഷ്ഠമായ വിചാരം നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയ ആ അന്യന്റെ സുഷ്തിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ശരീരനിഷ്ഠമായ മനോനിഷ്ഠമായ പ്രാണനിഷ്ഠമായ പഠനം ആവശ്യമാണ് അല്ലേ സുഷ്ടിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ അവന്റെ ശരീരത്തെ അവന്റെ പ്രാണനെ അവന്റെ ബ്രെയിനിനെ എല്ലാം പരിശോധിച്ച് നോക്കുന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും തന്റെ സുഷ്ട ആവശ്യം ഒരു ഉപകരണവും ആവശ്യമില്ല അന്തർമുഖമായാൽ മതി വ്യക്തമായി അവിടെ അങ്ങേറ്റം തനിക്ക് ആശ്രയിക്കേണ്ടി വരുന്നു തൻ്റെ തന്നെ മനസ്സിന് മറ്റൊരു മനസ്സുകൊണ്ടോ മറ്റൊരു ഉപകരണം കൊണ്ടോ അതറിയാൻ പറ്റത്തില്ല അവിടെ ചിന്ത എവിടെ എത്തിച്ചേരും തന്റെ സ്വരൂപത്തിൽ സംപ്രതിഷ്ഠിതാനി ആ സംപ്രതിഷ്ഠയിലെത്തിച്ചേരും എല്ലാം പക്ഷെ മറിച്ച് അങ്ങനെയല്ല വേറൊരു സൃഷ്ടയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവൻ്റെ ശരീരത്തേക്ക് കയറി മുറിച്ച് നോക്കണം അവന്റെ തലച്ചോറ് പുറത്തെടുത്ത് പരിശോധിക്കണം അവിടെ എന്തൊക്കെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു ഏത് തരത്തിലുള്ള വൈദ്യുത പ്രവാഹമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പഠനങ്ങൾ അതിൽ നടക്കണം അത് വേണമെങ്കിൽ നമുക്കതിൽ തിരിക്കാം അന്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് ഭൗതിക തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഉള്ള വിചാരം ധ്യാനം അത് അധ്യാത്മം അങ്ങനെ തിരിക്കുന്നതിനും ദോഷമൊന്നുമില്ല ഒന്ന് ഭൗതികശാസ്ത്രം മറ്റൊന്ന് അധ്യാത്മിക ശാസ്ത്രം ഇവിടെ ഇപ്പൊ അന്യന്റെ ദൃഷ്ടിലടുത്ത് പറയും അങ്ങനെ പറയുമ്പോഴാണ് പറയുന്നത് ഇതെല്ലാം മനസ്സിൽ ഏകീഭൂതമായിരിക്കുന്നു കേവലമായ ശുദ്ധമായ അദ്വയമായിരിക്കുന്ന ആ ചൈതന്യത്തിലല്ല സുഷുതിയിൽ ഈ വിലയും ഏകീഭവനവും എല്ലാം സംഭവിക്കുന്നു മനസ്സാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന അവിടെയാണ് കാരണം ഈ മാലിന്യങ്ങൾക്കെല്ലാം അവിടെ പോയി അടിയാൻ പറ്റത്തില്ല അതെന്താണ് അത് വിശുദ്ധമാണ് വിശുദ്ധമായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ എങ്ങനെയായി മാലിന്യങ്ങൾ കളിയുന്നത് ഇവിടെ എന്താണ് വിഷയവിഷയിഭാവങ്ങൾ വിഷയഭോഗം അതിൻ്റെ രാഗദ്വേഷങ്ങൾ വാസനകളെല്ലാം ഭക്ഷികാരം പറയും ഇതെല്ലാം മാലിന്യമാണ് ഇത് ആ മാലിന്യത്തിനെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെ അതിനെ ഇരിക്കാൻ പറ്റും അത് വിശുദ്ധമായിരിക്കുന്ന കേവലമായിരിക്കുന്ന ചൈതന്യത്തിൽ അതിനെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു അവന്റെ ആ വ്യത്യാസത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി മനസ്സികീഭൂതാനി അതൊന്നും പറയുന്നു മനസ്സിൽ ഏകീഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു വസ്തുസ്ഥിതി കഥനം എന്നെടുക്കരുത് ഇവിടെ യുവശ്ദം പ്രയോഗിച്ചിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഭൗതികമായ ഏത് വിശദീകരണം വരുന്നിടത്തും അവിടെയൊക്കെ യുവശ്ദം ചേർത്തോണം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലെ ആത്യന്തികമായി അങ്ങനെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അദ്വൈതത്തെക്കുറിച്ചാണ് ഇവിടെ സത്യം എന്ന് ഉള്ളൂ ഏകവും അദ്വൈതവുമായിരിക്കുന്ന തത്വം മാത്രം ആ തത്വത്തെ വിട്ടിട്ടാണ് നമ്മൾ പറയുന്നത് മനസ്സ് പ്രാണൻ അവിടെ വിലയിക്കുന്നു പിന്നെ അവിടെ നിന്ന് വരുന്നു ഇതൊക്കെ എന്താണ് ഇതൊക്കെ യുവ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലെ എന്തുകൊണ്ട് അനുഭവം നമുക്കുണ്ട് പരമാർത്ഥം ഏകവും അദ്വൈവുമായിരിക്കെ പരമാർത്ഥം നിർഗുണവും നിർവികാരവുമായിരിക്കെ ഇത്തരം അനുഭവങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാത്ത അനുഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് യുവ അതുപോലെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു സമാധാനം അത് സത്യമോ അസത്യോ എന്നുള്ളതല്ല അങ്ങനെ സംഭവിക്കുന്നു കർണം വ്യാപാര അപ്പോൾ എന്ത് ചെയ്യുന്നു അതാത് കർണങ്ങൾ ശബ്ദാദി ഉപലബ്ധി കർണാനി കർണങ്ങളെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയാണ് അതെല്ലാം ചെയ്യുന്നു കർണ്ണം വ്യാപാരാത് ഉപരത് അവരെല്ലാം വിശ്രമിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിക്കുന്നില്ല അതാണ് പറയുന്നത് നിദ്ര ആലസ്യം എന്ന് പറയുന്നത് അലസതയല്ലേ പ്രവർത്തിക്കാതിരിക്കും അലസതയാണ് കാരണം പ്രവർത്തിച്ച് ക്ഷീണിച്ചു ശകുനി ദിഷ്ഠാന് തന്നെ ചർച്ച ചെയ്തല്ലോ പക്ഷിയുടെ നിഷ്ഠാന് പക്ഷി പളർ പറന്ന് തളർന്നപ്പോ അത് വിശ്രമിക്കുന്നു പ്രാണബന്ധനം ഹിസ്സും വിശദമായൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് വേറെ രീതിയിൽ ഇവിടെ ഒരല്പം വ്യത്യാസത്തിൽ വളരെ സ്ഥൂലമായി നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞത് അത് ഇതു വന്നുതന്നെ ചെറിയൊരു വ്യത്യാസം കാണും ഇപ്പോഴും ചെറിയൊരു വ്യത്യാസം കണ്ടുപിടിക്കുന്നവനാണ് ബുദ്ധിമാൻ അത്രയും സൂക്ഷ്മതയിലേക്ക് മനസ്സ് പോയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്താ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ സ്ഥൂലമായിട്ടാണ് ഗ്രഹിക്കണമെങ്കിലോ ഒരേ കാര്യം തന്നെ ചർവീത ചർവണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു കർണം വ്യാപാര ഉപരതാനി കർണം വ്യാപാരങ്ങളിൽ നിന്ന് ഉപരതമായിരിക്കുന്നു ഇതിനാണ് നമ്മൾ വേറെ ഒരു സന്ദർഭത്തിലും മറ്റും പറയുന്നു വിലയിച്ചിരിക്കുന്നു സുഷൃത്തിയിലെല്ലാം വിലയിച്ചിരിക്കുന്നു കേട്ടുകഴിഞ്ഞ ആൾക്കാർ നമ്മൾ പെട്ടെന്നൊരാളിന്റെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കതൊക്കെ ഒരു വലിയ തമാശ കൊടുക്കുന്നു പറയുന്നു അടുത്ത് എന്താണ് അവിടെ പൃഥ്വി വിലയിച്ചത് ജലം വിലയിച്ചില്ല ഞാൻ ഒരുത്തിന് അല്പസമയം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പൃഥ്വിയും ജലവും ഒക്കെ വിലയിച്ചത് എന്താ പറയുന്നത് അത് മനസിലാകത്തില്ല എപ്പോ നമ്മളന്യന്റെ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അതിനെ പഠിക്കുമ്പോ ഒരിക്കലും ഈ വിലയം എന്താ അത് പിടികിട്ടത്തില്ല പക്ഷെ അത് തന്റെ ഉറക്കത്തെ കുറിച്ചാവട്ടെ ആത്മനിഷ്ഠമാവട്ടെ അപ്പൊ മനസിലാവും എന്താണ് വിലയിക്കുന്നത് പൃഥ്വി എങ്ങനെ വിലയിക്കുന്നു എന്നുള്ളത് അതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചിലതായിട്ട് കർണ്ണം വ്യാപാരാത് ഉപരതാനി കർണവ്യാപാരങ്ങളിൽ നിന്നുള്ള ഉപരതമായി തേന തസ്മാർഹി തേനത്തോഭകാലെ ഈ രണ്ടും കൂടെ ചേർത്ത് വായിക്കുന്നു യസ്മാനകാലെ തസ്മിൻ സോപകാലെ അവിടെ യസ്മാത് എന്നുള്ള യെസ്മിൻ എന്നായിക്കഴിഞ്ഞാൽ വിഭക്തി വിപര്യം എന്ന് പറയും സംഗതി എളുപ്പം യസ്മിൻ സ്വപ്നകാല ഞാൻ മാറ്റിയല്ല വ്യാഖ്യാതാക്കളെല്ലാം മാറ്റിയിട്ടുണ്ട് എന്നാലും അവർക്ക് ആ സമാനതയെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി ചെറു സ്വപ്നകാലെ തസ്മിൻ സ്വാപകാലെ എന്തുകൊണ്ടത് ഇവിടെ പറയുന്നത് സ്വപിതി ഇത്യാക്ഷത ഇവിടെ പറയുന്നത് സുഷുയെക്കുറിച്ചാണ് സ്വപ്നത്തെ കുറിച്ചല്ല മാത്രല്ല അടുത്ത വിശദമായി വീണ്ടും സ്വപ്നം വരുന്നുണ്ട് ഓ ഇതെല്ലാം നമ്മൾ കേട്ടതല്ലേ എന്ന് പറഞ്ഞാൽ ലക്ഷ്യഭാവത്തിൽ ഇരിക്കുന്നവന് ഇതൊന്നും മനസിലാകത്തില്ലോപകാലാതെ ലക്ഷണനായ പുരുഷൻ അപ്പോ തത്വശ്രവണത്തിൽ വരേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് വേണ്ടത് പറയ അതായത് എന്താണോ ഒരാൾ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതേ തത്വം തന്നെയാണ് തത്വത്തിൽ വിപരീയം സംഭവിക്കരുത് സംശയം വരരുത് വിഭ്രാന്തി വരാതെ നമ്മളെ ഒരാൾ ഒരു തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ആ വ്യക്തി എത്രമാത്രമാണോ അത് ബോധിപ്പിക്കുന്നത് അതിൽ കൂടുതൽ നമ്മൾ ഉൾക്കൊള്ളണം അത് കുറയാൻ പാടില്ല അവിടെയാണ് ഒരാൾ വിജയിക്കുന്നത് അതാണ് വ്യാഖ്യാനം വിപുലമായി പോകുന്നത് ഗ്രന്ഥകർത്താവ് എന്താണോ വെളിപ്പെടുത്തുന്നത് വ്യാഖ്യാതാവ് കൂടുതൽ ഗ്രഹിക്കുന്നു വെളിപ്പെടുത്തി കൂടുതൽ വ്യാഖ്യാനം വളരെ വലുതായി വലുതായി പോകും അങ്ങനെ സംഭവിക്കുന്നു അതിന് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ ശ്രോതാവ് നല്ല ഊർജസ്വലമായ അതിനെ ഗ്രഹിക്കുന്നു മറിച്ചാണെങ്കിലോ എന്താണോ നമ്മളെ ബോധിപ്പിക്കുന്ന അതിൽ ന്യൂനമായി കുറച്ചെ നമുക്ക് ജീവിക്കാം മറ്റേ അലസ്വഭാവത്തിലിരുന്ന് കഴിഞ്ഞു അല്ലെങ്കിൽ തോന്നുള്ളവ ഇതെല്ലാം എനിക്കറിയാം അതിലൊക്കെ എന്താ ഇത്രയും പറയാനിരിക്കുന്നു അപ്പോൾ രണ്ട് ദിശയിലേക്ക് ഇത് സഞ്ചരിക്കും ആരവ് രണ്ടു വിപരീത ദിശകളിലേക്ക് അപ്പം സംഭവിക്കേണ്ടതാണ് എന്താണോ ശ്രവിക്കുന്നത് അതിൽ കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുക ആ ഒരു ശീലം ഉണ്ടാവണം ആ ഒരു ക്ഷമത ഉണ്ടാവണം എന്നാലും മുമ്പോട്ട് പോകാൻ പറ്റും പറയുന്ന ആളത് പൂർണമായി പറയണമെന്നില്ല പക്ഷെ കേൾക്കുന്നവൻ അത് പൂർണമായും ഉൾക്കൊള്ളണം അതാണ് ഇതിന്റെ രീതി തസ്മിൻ സ്വാഭകകാല യേശുദേവദത്താ ദുരക്ഷണ പുരുഷ ദൈവദത്താതിരൂപത്തിലുള്ള ഈ പുരുഷൻ അതാണ് എന്നെ ശ്രമത്തി കേൾക്കുന്നില്ല അസുഖത്തിയെ കുറിച്ചാണ് ആർക്കും സംശയം എന്നാ പശ്യതി കാണുന്നില്ല എന്നാ അധികൃതി മുണക്കുന്നില്ല രസതേ രസിക്കുന്നില്ല എന്നർശതയെ സ്പർശിക്കുന്നില്ല എന്ന അഭിപദ്ധതയെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എന്ന ആദത്തെ പ്രവർത്തികൾ ഒന്നിനെ ഗ്രഹിക്കുന്നില്ല ആനന്ദം സ്വയം ആനന്ദിക്കുന്നില്ല സുഹൃത്തിയിൽ ആരും ആനന്ദിക്കുന്നില്ല സുഹൃത്തി ആനന്ദമാണ് പക്ഷെ സുഹൃത്തിൽ ആരും ആനന്ദിക്കുന്നില്ല പറയും ആ ഞാനവിടെ പരവുമായ ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു ഞാനവിടെ പരമമായ ആനന്ദ സ്വരൂപനായിരുന്നു അവിടെ പരമമായ ആനന്ദത്തിൽ അനുഭവിക്കുന്നവൻ അനുഭവം അനുഭവ എന്നിങ്ങനെ ഒരു പിരിവില്ല ആണവിടെ വിഷയ വിഷയി ഭാവശൂന്യം എന്ന് പറഞ്ഞത് അക്കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് എന്നാൽ അതിന് ആനന്ദം എന്ന് പറയും ഇതാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത് സുഖം അഹം അസ്വാസംചിത് അവേദിയുടെയും പറയും സുഖമായി ഉറങ്ങി എന്ത് സുഖമാണ് നിങ്ങൾ അവിടെ അനുഭവിച്ചു ഇത്രയോ പറയാൻ പറ്റുക ഉറക്കം സുഖകരമായിരുന്നു തിരിച്ചും പറയാം എന്താണ് ഓഹ് ശരിയായില്ല എനിക്കിന്നലെ ഉറക്കം ശരിയായില്ല സുഖമാണ് ഉറക്കമൊന്നും എപ്പോഴും പറയാറില്ല അതീപിടിച്ചുകൊണ്ട് ഒരു വലിയ തത്വമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ഉറക്കം ദുഃഖമാണെന്നും പറയാറുണ്ട് പിന്നെ ശരിയായ ഉറക്കം കിട്ടാത്തവർക്കറിയാം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഏതെങ്കിലും സമയത്ത് ഉറക്കം ശരിയായില്ലെങ്കിൽ ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും അതിനിടയ്ക്ക് കടന്നു വരികയും എല്ലാം കഴിഞ്ഞു പിന്നെ അവരെ ഉണർവിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്കുറിച്ച് നല്ലൊരഭിപ്രായമായിരിക്കത്തില്ല ഉറക്കം ദുഃഖമാണെന്ന് എന്നെ തോന്നുന്നു എന്തുകൊണ്ടത് അവിടെ വിഷയവിഷയീഭാവമുള്ളതെന്നല്ല അവിടെ അസുഖിച്ചെന്നോ ദുഃഖിച്ചെന്നോ വാസ്വത്തിൽ പറയാൻ കഴിയത്തില്ല അതൊന്നും കഴിയത്തില്ല പിന്നെ വേറെ ഒന്നും ഉണ്ട് ഉറങ്ങണമെന്നില്ല നല്ല പാൽപ്പായസമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ പറയുക എത്ര നല്ല ഉറക്കമായിരുന്നു എന്തുകൊണ്ട് ഞാൻ നല്ല സ്വപ്ന ലോകത്തിലായിരുന്നു ഉറക്കത്തെയാണോ പറയുന്നത് നല്ല സ്വപ്നത്തെയാ പറയുന്നത് തിരിച്ച് പടുവയോ പുലിയോ ഒക്കെ പിടിക്കാൻ വന്നു ചിലർ ഉറങ്ങാൻ ഭയക്കുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് എന്നോട് പറഞ്ഞിരുന്നു ഉറങ്ങാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ആന കുത്താൻ വരും പിന്നെ എങ്ങനെയാണ് ഉറങ്ങുന്നത് അപ്പൊ ഉറക്ക സുഖമാണ് ഇതൊക്കെ അനുഭവത്തിലുള്ളത് അപ്പോ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത് ആനന്ദം അവിടെ അങ്ങനെ ഒരു ആനന്ദൊന്നുമില്ല സ്വയം ആനന്ദിക്കുന്നില്ല ആരും ആരെയും ആനന്ദിപ്പിക്കുന്നുമില്ല ഇതിനെന്താണ് അത് കേവലമായ ആനന്ദമാണ് വിസൃചതേ മറ്റ് കർമ്മങ്ങൾ ചലിക്കുന്നില്ല ഗതുപറ ഗമനങ്ങളൊന്നും അവിടെ സ്വപ്നം അങ്ങനെയാണ് അതിനെ പറയുന്ന എന്താണ് സ്വപിതി മന്ത്രത്തിൽ വന്ന അതാണ് ഇതിനാണ് സ്വപിതി സുഷുപ്തി എന്ന് പറയുന്നത് നീനിടയ്ക്ക് ഇവിടെ സ്വപ്നം വരുന്നു അക്ഷിത ലൗകികാഹ ഇങ്ങനെ ലൗകികന്മാർ പറയും ഇത് ലൗകികന്മാർക്ക് ഇന്ന പേരേ ഉള്ളൂ അല്ലാണിത് സുഷുപ്തി എന്നുവെച്ചാൽ ഇത് സർവസാധാരണമായി ഇങ്ങനെ പറയുന്നു ഇതിനിങ്ങനെ ഒരു പേരും കൊടുത്തിട്ട് ഉറക്കം ലൗകികന്മാരേതിനാണോ ഉറക്കം എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് ഇവിടെ ആധ്യാത്മ ശാസ്ത്രത്തിൽ അദ്വൈതം എന്ന് പറയുന്നു എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ലൗകിക എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് പിന്നെ ശരിയായ മനനത്തിന് വിധേയമാക്കിയാൽ എന്താണ് അദ്വൈതം എന്നുള്ളത് ഒരാൾക്ക് ബോധിക്കാൻ കഴിയും അപ്പം വിദ്വാന്റെ ഉറക്കത്തെ കുറിച്ച് ഇനി പറയും അതുകൊണ്ടാണ് ഇവിടെ ലൗകികാ ലൗകികൻ്റെ ഉറക്കത്തെ കുറിച്ച് പറയും വിദ്വാന്റെ ഉറക്കം ഇങ്ങനെയല്ല ലൗകികന്റെ ഉറക്കം അല്ല വിദ്വാന്റെ ഉറക്കം അത് രണ്ടും വ്യക്തമാക്കി പറയും പിന്നെ അങ്ങനെ പറഞ്ഞാലും സംശയമുണ്ട് ഉറക്കത്തിലും ഓണാണെന്നിരിക്കണോ ജാഗ്രതത്തിലാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ഒരു അബദ്ധധാരണങ്ങൾ ഇത് പ്രത്യേകം മനസ്സിലാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് മനസ് ഉള്ളിടത്തെല്ലാം കുറച്ച് മനസ്സിന് കുറച്ച് അസുഖങ്ങളും ഉണ്ടാവും അതൊരു ദോഷമെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതല്ല മനസ്സിന്റെ ഒരു സ്വഭാവമാണ് ഈ ശരീരം എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും അത് രോഗമില്ലാതിരിക്കും ശരീരം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച കാലം മുതൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന സമയം മുതൽ ഇതിന് അസുഖങ്ങളുണ്ട് മരണം വരിക അതുണ്ടാവും അതുപോലെ പക്ഷെ അതിൽ ഏറ്റക്കുറിച്ചിലുണ്ട് ചില മനസ്സിന് അത് കുറച്ച് കൂടുതലായിരിക്കും ചിലടെ മനസ്സിനത് കുറച്ച് കുറവായിരിക്കും പൊതുവെ ഈ ആധ്യാത്മികം എന്ന് ഈ കൂടിയ അസുഖത്തെയാണ് അതിനാണ് അങ്ങനെ ഒരു പേര് കിട്ടി ലോകത്തിൽ വലിയ അംഗീകാരമൊക്കെ കിട്ടിയിരിക്കുന്നത് അതിനാണ് അപ്പോ അത് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാതെ നമ്മൾ പറയരുതാ ഇയാളുടെ മനസ്സ് ശരിയല്ല ഇയാൾക്ക് മാനസികമായ പശ്നുണ്ട് അങ്ങനെ പറയുന്നത് തെറ്റാണ് മറിച്ച് പറയേണ്ടത് എന്താണ് ഇയാൾക്ക് ആധ്യാത്മികമുണ്ട് എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവും അപ്പൊ അത് തന്നെ കുറിച്ച് തന്നെ പറയേണ്ടി ഒരു അന്യനെ പിന്നെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമുണ്ട് കാരണം താനും ആധ്യാത്മികമാണ് അപ്പൊ ഇവിടെ അതല്ല പറയുന്നത് ഇവിടെ മനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് സുഹൃത്തേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആധ്യാത്മിക രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വ്യക്തമാവും എന്താണെന്നുള്ളത് പക്ഷെ അതുകൊണ്ടാണ് പലരും ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് നമ്മൾ പൊളിച്ചെഴുതരുത് ഗോപ്യമാക്കി വയ്ക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലൗകികാഹ ലൗകികനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സുശക്തി അതിന്റെ നമ്മളിപ്പോ ചർച്ച ചെയ്ത് വേറെ ലൗകികന്റെ അല്ല ആ ലൗകികന്റെ സുഷൃത്തിയിലെ തത്വത്തെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അത് വിദ്വാന്റെ സുഷൃക്തിയാവും അറിവുള്ളവന്റെ സുശക്തി അതടുത്ത് പറയും വിദ്വാന്റെ സുഷുതി എന്താണ് അതടുത്ത് പറയുന്നത് एव പ്രാണേസ് ജാഗ്രത ഗാർഹപത്യൂഹവാനോ വ്യനോ അന്വഹ്യപചനോ യർപത്യാണത്തെ പ്രണയനീയ പ്രണഹ യുഛവാസനിശ്വാസോ എതൗ ആഹൂ സമന്യത് സമാന മനോഹവാ യജമാന ഇഷ്ടമേ ഉദ സജമാനരഹർബ്രഹ്മഗമയ സ്വവിധി ത്യാജക്ഷത എന്ന് പറഞ്ഞു ഇതാണ് ഉറക്കം എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ തത്വം എന്താ അവിടെ സംഭവിക്കുന്നു അഹരഹമീ അഹരഹ എന്നും എന്നും ഈ ഉറക്കം എന്ത് ചെയ്യുന്നു അവന് ബ്രഹ്മപ്രാപ്തിയെ നൽകുന്നു എന്നുവച്ചമയതി എന്നിട്ട് പ്രാപിപ്പിക്കുന്നു ഇതാണ് വിദ്വാന്റെ ഉറക്കം ലൗകികന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ സൗബിധിക ഉറക്കം ഞാൻ ഉറങ്ങി വേണമെങ്കിൽ പറയും ഞാൻ അലസനാണ് ഞാൻ നിദ്രനായി എന്റെ ശക്തിയെല്ലാം ചോർന്നുപോയി എന്നിൽ പ്രവൃത്തിയെല്ലാം നഷ്ടപ്പെട്ടു വേണ്ടിവന്നപ്പുറം എന്താണ് ഞാൻ ഉത്സാഹശീലത്തോടുകൂടി പ്രവർത്തിക്കുന്നവനായി പക്ഷേ എന്റെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മുടെ ആയുസിന്റെ പകുതി നിദ്രയിൽ പാഴെ കളയുന്നു എന്നൊക്കെ പറയാറുണ്ട് ലൗകിക ദൃഷ്ടിയിലതൊക്കെ ശരിയാണ് നമ്മൾ മാത്രം ബുദ്ധിയുള്ളവർ ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരെന്നല്ല പറയുന്നു ദൃഷ്ടിയുടെ വ്യത്യാസം ലൗകിക ദൃഷ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ആയുസിന്റെ പകുതി ഉറക്കത്തിൽ തന്നെ കടന്നുപോകും ആയിരുന്നു അശ്ചിതി ബർത്ത് ഡേരിയും മറ്റും പറഞ്ഞിട്ടില്ലേ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുന്നത് പകുതി ഉറക്കാത്തല്ല പിന്നെ ഓരോരോ അവസ്ഥയെക്കുറിച്ച് പറയും പക്ഷെ ഇവിടെ വിദ്വാനെ സംബന്ധിച്ച് അങ്ങനല്ല എന്താണ് ബ്രഹ്മ ഗമയതി അത് ബ്രഹ്മപ്രാപ്തിയാണ് ശ്രുതി പറയുന്നതാണ് ശ്രീ എന്താ നിങ്ങൾക്ക് ഉറക്കത്തോട് എന്തെങ്കിലും പ്രത്യേക പക്ഷപാതമുണ്ടോ ഉണ്ട് റഗത്തോട് പ്രത്യേകിച്ച് ഒരു പക്ഷപാതം ഉണ്ട് എന്തുകൊണ്ടാണ് അത് ബ്രഹ്മപ്രാപ്തിയാണ് പിന്നെ അതിനോട് പക്ഷപാതം ഉണ്ടാകാതിരിക്കാൻ പറ്റും പക്ഷേ അതാർക്ക് വിദ്വാൻ വിദുഷഹ അത് പറയും അപ്പം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ സാറിന് പറയാറില്ല ഉറക്കത്തിൽ ആലസ്യമായിരുന്നു അവർക്ക് സമാനം പറയുന്നു നിദ്ര പ്രവൃത്തി എടുക്കാത്ത സ്ഥലമാണ് അത് വൈദിക ഭാഷ പറയുന്നു ഇന്നത്തെ ഭാഷയിൽ അല്ലെന്നേ കാരണം പറഞ്ഞത് ഇതെല്ലാം വൈദികനെ വൈദികനാണ് ഇതിലെല്ലാം മുഖ്യമായ സ്ഥാനം അതുകൊണ്ട് ആ ഭാഷ പറയുന്നു വൈദികൻ്റെ പണിയെന്താ വൈദിക അഗ്നിഹോത്രം യാവജ്ജീവൻ ജഹൂയാ വേദം തന്നെ പറഞ്ഞിരിക്കുന്നു മരിക്കുന്നത് വരെ അന്ത്യേഷ്ഠി കർമ്മം വരെ ഈ പണി ചെയ്തോണ്ടെന്നാണ് പക്ഷെ ആയുസിന്റെ പകുതികളെ ഉറക്കത്തി പോയല്ലേ പിന്നെ ഈ പണി ചെയ്യുന്നത് അങ്ങനെ അപ്പോ വൈദികനെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അഗ്നിഹോത്രം യാവജ്ജീവം എന്ന് പറഞ്ഞപ്പോൾ മരണം വരെ എന്ന് പറഞ്ഞാൽ ശരിക്കും മരണം വരെ ഇനി അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പകലെന്നോ രാത്രി എന്നുള്ള വ്യത്യാസമില്ല ജാഗ്രതെന്നോ സുഷുദ്ധിയെന്നുള്ള വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല സദാ അഗ്നിഹോത്രം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഉറങ്ങിപ്പോയി എനിക്ക് എന്റെ അഗ്രഹോത്രം മുടങ്ങിപ്പോയി എന്നൊന്നും പറഞ്ഞ് പശ്ചാത്തലപിക്കേണ്ട കാര്യമില്ല പിന്നെന്താണ് അറിയണം എന്താണ് അഗ്രഹോത്രം എന്നുള്ളത് അപ്പോൾ അവനറിയാൻ പറ്റുക എന്താണ് ഈ ബ്രഹ്മപ്രാപ്തിയിൽ എല്ലാം എല്ലാ കർമ്മ വ്യാപാരങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു കർമ്മത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമൊന്നും സുപ്തവത് ശ്രോത്രാദിഷു കർണേഷു ഏതസിൻ പുരേ പ്രാണാഗ്നേഹ പ്രാണാതി പഞ്ചവായവോ അഗ്നേഹ ഇവ അഗ്നയോ ജാഗ്രതി നമുക്കറിയാം നമ്മളിപ്പോ എന്തായാലും സുഷൃത്തിയിൽ വിഷയവിഷയഭാവം ഇല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ വിഷയ വിഷയിഭാവമില്ലാത്ത ആ സൃഷ്ടിയെ കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് വേറെ ചിന്തിക്കാം എന്താണ് അന്യന്റെ സൃഷ്ടി കാണാൻ പരിശോധിച്ചു അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അന്ന് പറയുന്നു സുപ്തവത്സു അപ്പോ ഉറങ്ങിക്കിടക്കുന്നവനു നോക്കുക ശ്രോത്രാദിഷു അവിടെ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് കരണേഷു ഏതസ്സിൻ പുരേ ഈ പുരത്തിൽ നവദ്വാരങ്ങളുടെരം ഈ കോട്ട ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ വളരെ സുരക്ഷിതമായി സംരക്ഷിച്ചിരിക്കുന്ന ഈ കോട്ട അല്ലെങ്കിൽ കൊട്ടാരം ഇവിടെ എന്താണ് നവദ്വാരേഹ് അതുതന്നെ പറയും നവദ്വാരങ്ങളുടെ ഈ ദേഹത്തിൽ ഈ പുരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും വിശ്രമിക്കുമ്പോൾ ആലസ്യത്തിൽ മന്ദതയിലെല്ലാം കിടക്കുമ്പോൾ പ്രാണാഗ്നേഹ അവിടെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് അവരോട് ഇറങ്ങി തീർന്നു ഇടപാടപ്പ തീരും പ്രാണാതി പഞ്ചവായവഹ അഞ്ചഗ്നികൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സപ്ത അർച്ചിസുകൾ എന്ന് പറഞ്ഞവരൂടെ പറയുന്നു അഞ്ചഗ്നികൾ അഗ്നേഹ ഇവ അഗ്നി അഗ്നിയൊന്നുമല്ല പക്ഷെ പറയുന്നു അഗ്നിയെ പോലെ തൃഷ്ണങ്ങളാണ് അഗ്നിയെപ്പോലെ തേജവും മയങ്ങളാണ് അഗ്നിയെപ്പോലെ വളരെ ഊർജസ്വലമായി ഊർജവത്തായി പ്രവർത്തിക്കുന്നവയാണ് അതുകൊണ്ട് അഗ്നിന്ന് പേരെന്ന് പറഞ്ഞ തന്നെ ഉള്ളു എന്തിനാണന്മാർക്ക് ആ ശരീരത്തിൽ ഉറങ്ങുന്നവന്റെ ശരീരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ ആലസ്യത്തിൽ മടി കിടക്കുമ്പോൾ ഒരു വിശ്രമവും ഈ പഞ്ചപ്രാണന്മാർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എല്ലാം പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം മനസ്സിലാണെന്ന് പറഞ്ഞു അത് അതെങ്ങനെയെന്നുള്ളത് നമ്മൾ അവിടെ വിശദീകരിച്ചില്ല അതിന് വരും അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് ശരീരത്തിൽ എന്ത് ചെയ്യുന്നു പ്രാണന്മാർ ഉണടുന്നിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത് ചാന്തീത്തിൽ വന്നിട്ട് കുറച്ചത് വേറെ രീതിയിൽ തന്നെ ഉള്ളു എന്ത് പറയുന്നത് നമ്മൾ ഈ ഓരോ ദിവസവും പറയുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്നാണ് എനിക്കങ്ങനെ ഒരിക്കലും തോന്നാറേയില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഒരു ഭാഗ്യമാണ് ഒന്നും ഓർത്ത് വെക്കാറില്ല നാളെ പറയാനുള്ളു ഇന്നും ഓർത്ത് വെക്കാറില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഓർത്ത് വയ്ക്കാറില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരിക്കലും ഞാൻ പറയാറേയില്ല വീണ്ടും പറയാറില്ല പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതല്ലേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ലല്ലോ എന്നുള്ള ധാരണയിൽ പറയും ആ ഇതൊക്കെ മുമ്പും പറഞ്ഞതാണെന്ന് പറയും ഓർത്തു പറയുന്നതല്ല അഗ്നി സാമാന്യം ഹ്യാഹ അതുകൊണ്ടിവിടെ അഗ്നി സാമാന്യത അഗ്നിയുമായിട്ടൊരു തുല്യത അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് അഗ്നിയൊന്നുമില്ല അഗ്നിയെപ്പോലെ തീഷ്ണങ്ങളായി ഇതെങ്ങനെ കാരണം ഇവയ്ക്ക് വിശ്രമം ഉണ്ടാവും ജാഗ്രതായാലും സ്വപ്നമായാലും സുഹൃത്തിയായാലും ഈ പ്രാണന്മാർക്കൊരു വിശ്രമവുമില്ല വിചാരിക്കും മരിച്ചാലും അവനൊരു വിശ്രമം കിട്ടുള്ളൂ ഒരു രക്ഷയില്ല മരിച്ചു കഴിഞ്ഞാലും ഈ പ്രാണന്റെ ജോലിയാണ് ഇതിനെയൊക്കെ കൊണ്ട് വേറെ സ്ഥലത്ത് പോവുക അപ്പൊ എങ്ങനെ വിശ്രമിക്കുന്നു ഉദാഹരണം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മരിച്ച ഈ ദേഹത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നേയുള്ളൂ അത് ഒരാൾക്ക് സ്ഥലം മാറ്റം കിട്ടി വേറൊരു ഓഫീസിൽ പോയി ജോയിൻ ചെയ്ത് അവിടെ വീണ്ടും വർക്ക് ചെയ്യുന്നത് പോലെ ഉള്ളു വിശ്രമമില്ല അഗ്നിയെ പോലെ അഗ്നി സാമാന്യം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഈ അഗ്നികൾ അതിനെക്കുറിച്ച് പറയുന്നു സുഹൃത്തിയിൽ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത് ജാഗ്രത്തിൽ എന്താ ചെയ്യുന്നത് ഇവർ വൈദികൻ പറഞ്ഞു വൈദികൻ ഉണർന്നു കഴിഞ്ഞാൽ അവന്റെ ആദ്യത്തെ ശ്രദ്ധ വരുന്നത് എങ്ങനെ അഗ്നിഹോത്രം ചെയ്യാം നിത്യകർമ്മ അല്ലേ അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അതേസമയം പറയുന്നു ഈ ആ വൈദികം തന്നെ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു ആ അഗ്നിഹോത്രം തുടരുന്നു അവിടെ ആരാ അഗ്നിഹോത്രം ചെയ്യുന്നത് ഈ പ്രാണന്മാർ അപ്പൊ പ്രാണന്മാരുടെ അഗ്നിഹോത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ വിദ്വാൻ ഈ ഉറക്കത്ത് കാണുന്നെങ്ങനെ ഇത് അഗ്നിഹോത്രമായി കാണുന്നു സർവകർമ്മ വിനർമുക്തനാണവൻ വിദ്വാൻ പക്ഷേ അതേസമയം തന്നെ അവന്റെ കർമ്മങ്ങൾ അവസാനിക്കുന്നേറ്റ രണ്ടു കൊടുക്കും അവൻ കൃതകൃത്യനാണ് അതേസമയം അവൻ കർമ്മനിരതനുമാണ് രണ്ടുമാണ് ഓ ശരി പകല് പണിയൊന്നും എടുക്കാതിരുന്നുകഴിഞ്ഞാൽ കൃതകൃത്യനാകാമെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ജോലിയൊന്നും ചെയ്യാൻ വയ്യ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കൃതകൃത്യത്തെ കുറിച്ചാണ് എന്നാ പിന്നെ നമുക്ക് പണിയെടുക്കാത്ത കൃതകൃത്യന്മാരായിരിക്കാം വിദ്വാനാകാനുള്ള കുറുക്കു വഴിയാണോ അതെന്നാ തോന്നുന്നത് പണിയെടുക്കാതിരിക്കുന്നു അതെങ്ങനെയാ ഇവിടെ എന്തായാലും പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാ നമുക്ക് ഹിമാലയത്തിൽ പോകളാം അല്ലെങ്കിൽ പണിയെടുക്കാത്ത ഒരാശ്രമമുണ്ടോ അവിടെ പോകാം ഇവിടെ അതല്ല പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് വിദ്വാൻ സദാ പണിയെടുക്കുന്നാണ് ലൗകീനെ പോലെയല്ല ലൗഹീനെന്താ പറയുന്നത് ഞാനവിടെ വിശ്രമിക്കുകയാണ് സുഹൃത്തി ലൗഹീന്റെ കാഴ്ചപ്പാട് എന്താണ് വിദ്വാന്റെ കാഴ്ചപ്പാടെന്താണ് ഞാനവിടെ അഗ്നിഹോത്രം ചെയ്യുകയാണ് കൃത്യകൃത്യനായ വിദ്വാനും അഗ്നിഹോത്രം ചെയ്യുന്നതാണ് അതാണ് വിദ്വാന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അപ്പോ കൃത കൃത്യത എന്ന് പറയുന്നതും കർമ്മനിരത എന്ന് പറയുന്നതും തമ്മിലുള്ള അതൊരു വരമ്പ എന്താണെന്ന് വ്യക്തമാക്കി കാണിക്കാണ് എന്താണ് അത് അത് പറയുന്നു അഗ്നി ദാർഹത്തി ഇവിടെ അഗ്നിഹോത്രത്തിലെ മൂന്ന് അഗ്നികളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഗാർഹപത്യ അഗ്നി അത് വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന അഗ്നി അത് മുഖ്യമായിട്ടുള്ള അഗ്നി പിന്നെ രണ്ടാമത് വരുന്നത് ദക്ഷിണാഗ്നി ദക്ഷിണകോണയിൽ സ്ഥാപിക്കുന്ന അഗ്നി മൂന്നാമത് വരുന്നത് ആഹ്വനീയ അഗ്നി ആ കുണ്ടത്തിൽ ആഹ്വനം ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന അഗ്നി മൂന്നാമത്തെ ഈ മൂന്ന് അഗ്നികളുണ്ട് വൈദികനെയ്ത് മരണപര്യന്തം ഇത് സൂക്ഷിക്കണമെന്നാണ് ജ്വലിപ്പിച്ച ഒരിക്കലും അണയ്ക്കാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്നഗ്നികൾ എങ്ങനെയാണോ അഗ്നിഹോത്രത്തിൽ ഉപകരിക്കുന്ന അതുപോലെ വിദ്വാന് ഈ പ്രാണന്മാരെല്ലാം രാത്രി ആ സുഷൃത്തി രാത്രിയല്ല സുഷൃത്തി നമ്മൾ ഉറങ്ങുന്നത് രാത്രിയായതുകൊണ്ടാണ് ചിലപ്പോൾ മാറിപ്പോകുന്നത് സുശൃത്തി എന്ന് പറഞ്ഞാൽ രാത്രി എന്നുള്ളത് പകരം ഉറങ്ങാറുണ്ടല്ലോ നമുക്ക് പകരും രാത്രി എല്ലാം ഉറക്കം അപ്പൊ ആ സുഷുതിയിൽ അപ്രാണ അഗ്നിഹോത്രം അത് നടന്നുകൊണ്ടേയിരിക്കുന്നു അതിൽ പ്രധാനമായി വരുന്ന അഗ്നിതാണ് ഗർഭപത്യശോ അപാന അപാനനാണ് അവിടെ അഗ്നി കഥം ഇത്യാഹതെങ്ങനെയായി സുശ്രുത്തിൽ അഗ്നിഹോത്ര എന്ന് പറയാം ഇത് വിദ്വാന്റെ അനുഭവമാണ് ഈ പറയുന്നത് കഥ പറയുന്നതല്ല യസ്മാ ഗർഭപത്യാത്രകാലേ ഇതൊരു അഗ്നി രാഹവനീയ പ്രണീയത യാഗത്തിലെ ചടങ്ങാണ് അഗ്നിപ്രണയനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതില കാര്യങ്ങളൊന്നുമില്ല അടപ്പിൽ നിന്ന് തീയെടുത്ത് വിളക്ക് കൊളുത്തും പോലെ ഉള്ളു യാഗത്തിൽ പറയുമ്പോൾ അതിന് പ്രത്യേക കാര്യങ്ങളൊക്കെ പറയും അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു ഗർഭപത്യൻ എന്ന് പറയുന്ന ആ മുഖ്യനായ അഗ്നിയിൽ നിന്നും ആഹവനീ അഗ്നിയെ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുന്നു പറയുന്നു അതിന് അഗ്നി ചയനമെന്നും പറയും അഗ്നിചയം എന്നെ പലതരത്തിൽ പറയും ചിലടത്ത് അഗ്നി ചേനം എന്ന് പറയുന്ന വേദിയെ യാഗത്തിൽ വേദിയെ സഞ്ജമാക്കും അത് ഗരുഡൻ ആകാശത്ത് നിന്ന് പറക്കുന്ന ഗരുഡന്റെ ആകൃതിയിൽ ഇഷ്ടികകൾ ചുട്ടെടുത്ത് അതിന്റെ പ്രത്യേക അളവിൽ പ്രത്യേകമായ രീതിയിൽ അതിങ്ങനെ അടിക്കി വയ്ക്കുക അഗ്നി ചേനം അഗ്നിക്ക് അർത്ഥമുണ്ട് പിന്നെ ഈ അഗ്നിയെ സംബന്ധിച്ച് സാധാരണ അഗ്നി എന്നുള്ള അർത്ഥവും വരും അപ്പൊ അഗ്നി പ്രണയനം ആ മുഖ്യമായ അഗ്നിയിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന് അവിടെ കുണ്ടത്തിൽ സ്ഥാപിച്ചിട്ട് പിന്നെ അതിൽ ഇത് അർപ്പിക്കുക പ്രണീയതയെ അസ്മാതി പ്രണയനോ ഗാർഹപത്യ അഗ്നി ഗാർഹപത്യ അഗ്നിക്ക് പ്രണയനം എന്നൊരു പേരുണ്ട് കാരണം അതിൽ നിന്ന് തീയടുക്കുന്നതും ഉണ്ട് തഥാ സുഷുത അപാനപ്പെടുത്തേഹി പ്രണീയതാണോ പ്രണീത ഇതി അങ്ങനെ അതുപോലെ അവിടെ എങ്ങനെയാണോ സംഭവിക്കുന്നത് എങ്ങനെ അവിടെ എങ്ങനെയാണോ ഗർഭപത്യ അഗ്നിയിൽ നിന്ന് അഹവനീയ അഗ്നിയെ എടുത്തുകൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന അതുപോലെ ഇവിടെ ഉറങ്ങുന്നവൻ്റെ അപാനൻ എന്ന് പറയുന്ന പ്രാണനിൽ നിന്നും പ്രാണനെ കൊണ്ടുവരുന്നു പ്രാണൻ എന്ന് പറയുന്ന എന്താണ് മുഖനാസികാഭ്യാസ സഞ്ചരത്തി അത് അഹവനീയ സ്ഥാനിക പ്രാണനം അവിടെ ഗർഹപത്യന്റെ സ്ഥാനത്താണ് ഇവിടെ അപാന അവിടെ അഹമനീയം അതിന്റെ സ്ഥാനത്താണ് ഇവിടെ പ്രാണൻ അതാണ് രണ്ട് നമ്മളുടെ സമാനതന്നും പ്രാണനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അപാനനെ മുഖ്യമായി ആശ്രയിച്ചു കൊണ്ട് സുശൃത്തിയിൽ പ്രവർത്തിക്കുന്നു പ്രാണൻ അങ്ങനെ ഒരു സഹായം ആവശ്യമാണ് എന്താ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പ്രാണൻ വിട്ടുപോക്കളയാത്തത് അതെങ്ങനെയാ വിട്ടുപോകുന്നു കാരണം പ്രാണൻ പുറത്തിറങ്ങുന്നുണ്ട് പ്രാണവൃത്തി മുഖനാസികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കയല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പുറത്തേക്ക് വരല്ലേ എന്നുവെച്ചാൽ വായുവിന്റെ രൂപത്തിൽ പ്രാണശക്തിയാണല്ലോ വായുവിന്റെ രൂപത്തിലും പ്രവർത്തിക്കുന്നു ഈ പുറത്തേക്ക് ഇറങ്ങുന്നവൻ കേറാതിരുന്നാൽ മതിയല്ലോ ഒരു കൂട്ടിൽ നിന്ന് കിളി പുറത്തേക്ക് പറന്നുപോയി തിരിച്ചു കയറാതിരുന്ന എന്താ സ്വതന്ത്രനാണ് പ്രാണൻ പക്ഷെ അവൻ തിരിച്ചു കയറുന്നു എന്താണ് അതിന്റെ ഉള്ളിലിരുന്നാരും അവനെ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ട പക്ഷിയുടെ കാലിലൊരു ചെറിയ നൂല് കെട്ടിയിരുന്നു എന്റെ ഒരറ്റം കൂട്ടിന്റെ അകത്ത് കെട്ടി നീളമുള്ള നൂലാണ് പക്ഷേ നേരെ അകത്തു നിന്ന് പറന്നു നേരെ പോയി ആകാശത്തൊക്കെ പറന്നു ഒരു പരിധി വരെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായതാ എനിക്കൊരു ബന്ധനമുണ്ട് പ്രാണബന്ധനം ഉടനെ എന്ത് ചെയ്യുന്നു തിരിച്ചു കൂട്ടിലേക്ക് എന്ന് വരുന്നു ഇതിനപ്പുറം ഇനി പറക്കാൻ കഴിയത്തില്ല അതുപോലെ യോഗശാസ്ത്രത്തിൽ നിന്നും മറ്റും പറയും ഇത്ര അങ്കുലം പുറത്തേക്ക് പോകുന്നു പ്രാണൻ ബാഹ്യമായി നിർഗമിച്ചാലും ഉള്ളിലിരുന്ന് അപാനൻ അവനെ ഉള്ളിലേക്ക് പിടിക്കുന്നു എന്നാണ് അതുകൊണ്ട് അവൻ തിരിച്ചുള്ളിലേക്ക് വരുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപാനനെ ആശ്രയിച്ചിട്ട് അപാനനിൽ നിന്നും പ്രാണൻ പുറത്തേക്ക് വരുന്നു എങ്ങനെയാണോ ഗർഭപത്യ അഗ്നിയിൽ നിന്ന് ആഹവനീയ അഗ്നിയെ പ്രതിഷ്ഠിക്കുന്നത് അതുപോലെ നാസികാഭ്യാസം ചെലുത്തിയത് ആഹനീയ സ്ഥാന പ്രാണഹ വ്യാനസ്തു ഇനി വ്യാനൻ എന്താണ് ഹൃദയ ദക്ഷിണ സുഷി രദ്വാരണ നിർഗമനാ ഇവിടെ പറയുന്നുണ്ട് അഥയോസ് ദക്ഷിണ സുഷി തസ്യ തസ്യഹൃ പഞ്ചദേവ സുഷയ ഈ ദേവന്മാർക്ക് ഈ പ്രാണന്മാർക്ക് ഇവർക്കിങ്ങനെ ഇഷ്ടംപോലെ സഞ്ചരിക്കാനും അകത്ത് പോകാനും പുറത്തു പോകാനും ഒക്കെ ആയിട്ട് ഈ ഹൃദയത്തിനകം അഞ്ച് ഹൃദ്വാരങ്ങളുണ്ടെന്നാണ് ഹൃദയം എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കണേ ഏതൊക്കെയാണ് അഞ്ച് ദ്വാരങ്ങളൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല എനിക്കറിയത്തില്ല അഞ്ച് ദ്വാരങ്ങളുണ്ടെന്നാണ് ഇതി കൂടെ അവരിങ്ങനെ പുറത്തിറങ്ങി കത്ത് കയറി നമ്മളൊരു വീട് വെച്ചു കഴിഞ്ഞാൽ മൂന്നാല് വാതിലിൽ വയ്ക്കാറില്ലേ മുമ്പോട്ടിറങ്ങാൻ ഒന്ന് പിറകിലോട്ട് ഇറങ്ങാൻ വേറെ ഒന്ന് പ്രാണന്മാരുടെ വീടാണ് ഹൃദയം അവർക്ക് ഇറങ്ങുന്നതിന് അഞ്ച് ദ്വാരങ്ങളുണ്ട് അതിൽ എന്താണ് ദക്ഷിണ സൃഷ്ടി അതിന്റെ ദക്ഷിണഭാഗത്തിന് പ്രത്യേക ഹോളുണ്ട് അതുവഴിയാണ് ആര് വ്യാനൻ സഞ്ചരിക്കുന്നത് അങ്ങനെ പറയുന്നത് വ്യാനസുഹൃദയ ദക്ഷിണ സുശിദ്വാല ദുർഗമന ദക്ഷിണദിക് സംബന്ധ ദക്ഷിണാഗ്നി യാഗത്തിൽ ദക്ഷിണാഗ്നി എന്ന് പറഞ്ഞൊരു അഗ്നി ഉണ്ടെന്നാണ് അത് ദക്ഷിണദേശത്ത് വച്ചിരിക്കുന്നതാണ് ദക്ഷിണദേശത്ത് വയ്ക്കുന്നതാണ് അതുപോലെ വ്യാനൻ എന്താണ് ദക്ഷിണദിക്കിലൂടെ സഞ്ചരിക്കുന്നത് ഹൃദയത്തിൻ്റെ അതുകൊണ്ട് അത് ദക്ഷിണാഗ്നിയാണ് അപ്പോൾ മൂന്നഗ്നികളുമായി മൂന്ന് പ്രാണന്മാർ പ്രാണനെ കൊണ്ടുവരുന്നത് കൊണ്ട് അപാനനായി മുഖ്യാഗ്നി അതായത് ഗർഭപത്യാഗ്നി അതിൽ നിന്ന് വന്നതുകൊണ്ട് പ്രാണനായി അഹവനീയാഗ്നി ദക്ഷിണാഗ്നിയെപ്പോലെ ദക്ഷിണ ദിക്കിലൂടെ നിർഗമിക്കുന്നതുകൊണ്ട് വ്യാനനായി ദക്ഷിണാഗ്നി അവ എല്ലാ അഗ്നികളുമായി എങ്ങനെയാണോ യാഗവേദിയിൽ ഈ മൂന്ന് അഗ്നികളും ഇരിക്കുന്നത് അതുപോലെ ഹൃദയമാകുന്ന വേദിയിൽ ഈ അഗ്നികൾ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു അവരും അവിടെ അഗ്നിഹോത്രം ചെയ്യുന്നു ഇപ്പോ സുഷുതിയിലടക്കുന്നു അഗ്നിഹോത്രം ഇതാരറിയുന്നു വിദ്വാൻ അറിയുന്നു താൻ സുഷസ്ഥനായിരിക്കുന്നു എന്ന് തന്നെ കുറിച്ചറിയുമ്പോഴും ആ വിദ്വാൻ അറിയാം അവിടെ ജാഗ്രതങ്ങനെയാണോ താൻ അഗ്നിഹോത്രം അനുഷ്ഠിച്ചത് അതുപോലെ ഇവിടെ ഈ സുഷസ്തിയിലും ആ പ്രാണാഗ്നിഹോത്രം നടത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിദ്വാൻ വിദ്വാന്റെ കൂടെ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നു എന്നല്ല സുഷ്ടയെക്കുറിച്ച് വിദ്വാൻ അങ്ങനെ അറിയുന്നു അതൊരു അഗ്നിഹോത്രമാണ് അത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് സമാധാനമാണ് അല്ല സുഷൃത്തിയിലെല്ലാം വിലയിച്ചു എല്ലാം പോയി പിന്നെ കേവലം അദ്വൈമായ ആത്മാവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഉണർന്ന് വരുമ്പോ ഇതെല്ലാം ഉണ്ടല്ലോ ഇത് എന്താ അങ്ങനെ സാറിന് ചോദിക്കാറുണ്ട് ഉണ്ടല്ലേ ചെല്ലു പറയുന്നത് ഈ സുഷൃത്തി അങ്ങനെ വിടാൻ പറ്റത്തില്ല കാരണം അവിടെ ഇതിന്റെ എല്ലാം കാരണമായിരിക്കുന്ന ഒരജ്ഞാനം കൂടി അവിടെ ഉണ്ടായാലേ പറ്റൂ അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ഇതെല്ലാം ഉണ്ടാകുന്നു പിന്നെ അജ്ഞാനത്തിൽ അവിടെ വിലയിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ഇവിടെ ആ പ്രക്രിയ അല്ല ഭാഷകാരം പറയുന്നു ഇവിടെ സുഴ്സിയെ കുറിച്ച് പറഞ്ഞ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഭാഷകാരം പറഞ്ഞ അവിടെ അജ്ഞാനം ഉണ്ടെന്നു അഗ്നിഹോത്രം ഉണ്ടെന്ന് പറഞ്ഞു അത് പറയുന്നു അവിടെ അഗ്രഹോത്രം നടന്നുകൊണ്ടേയിരിക്കുന്നു എവിടെ വിദ്വാന്റെ ദൃഷ്ടിയിൽ അത് പ്രത്യേകം പറയും ജാഗ്രതയിലെങ്ങനെയാണോ ആഗ്രഹോത്രം സംഭവിക്കുന്നത് അതുപോലെ വിദ്വാന്റെ ദൃഷ്ടിയിലവിടെ നടക്കുന്ന എന്തോ അത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും എപ്പോ എങ്ങനെ താൻ അന്യന്റെ സുഷൃത്തിയെ കാണുമ്പോൾ അവിടെ താൻ കാണുന്ന ആഗ്രഹോത്രമാണ് തന്റെ സുഷ്ടിയെ കാണുമ്പോൾ താനവിടെ കാണുന്നത് ഏകവും ആദ്യവുമായ പരമാർത്ഥ തത്വത്തെയാണ് ഇത് വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ അന്യന്റെ സുഷ്ടിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ സുഷ്ടിയിൽ ആ വിദ്യ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കേണ്ടി വരും അങ്ങനെയും ചിന്തിച്ചു മനസ്സിലാക്കാം കാരണം ഇതിന്റെ താല്പര്യമെന്ന് പറയുന്നത് സൃഷ്ടിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അല്ല തത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രാണനെ അഗ്നിഹോത്രത്തെയോ ഒന്നും മനസ്സിലാക്കുക അല്ല തത്വത്തെ മനസ്സിലാക്കുന്നതിന് അങ്ങനെ ഒരു അതുകൊണ്ട് അതിനെ ഒരു വിചാര രീതിയെ പക്ഷേ അത് ശരീരദൃഷ്ടിയിലുള്ള ചിന്തയെന്ന് പറയാം പക്ഷെ ആത്മദൃഷ്ടിയിലാണെങ്കിലോ എന്തുകൊണ്ടത് ആത്മബോധമാണത് എനിക്കാവശ്യം അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് അത് കൂടാതെ തന്നെ കഴിയും രീതിയും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ഭാഷകാർ ആദ്യം ആത്മദൃഷ്ടി പറഞ്ഞു പിന്നെ എന്താണ് പരദൃഷ്ടി പറഞ്ഞു ചാതൂകൃത്തിൽ വന്നപ്പോഴും നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് അഗ്നികളുടെ രൂപത്തിലുള്ള പ്രാണന്മാർ അവിടെ അഗ്നിഹോത്രമനുഷ്ഠിക്കുന്നതായിട്ട് സുഷുപ്തിയെ ബഹർമുഖമായി ചിന്തിക്കുമ്പോൾ വിദ്വാൻ ഗ്രഹിക്കുന്നു